അപ്പോൾ അവരുടെ രക്ഷിതാവ് അവർക്കുത്തരം നൽകി നിങ്ങളിൽ പുരുഷനായാലും സ്ത്രീയായാലും പ്രവർത്തിക്കുന്നവന്റെ യാതൊരു പ്രവൃത്തിയും ഞാൻ പാഴാക്കുകയില്ല നിങ്ങൾ പരസ്പരം ഒരേ വർഗത്തിൽപ്പെട്ടവരാണ് അതിനാൽ എന്റെ മാർഗ്ഗത്തിൽ വേണ്ടി നാടുവിട്ടവരും തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും പീഡിപ്പിക്കപ്പെട്ടവരും പോരാടിയവരും കൊല്ലപ്പെട്ടവരും ആയവരുടെ തെറ്റുകൾ ഞാൻ തീർച്ചയായും മായ്ച്ചു താഴെത്തട്ടിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും അല്ലാഹുസുബഹാനഹൂവത്ത ആലയുടെ പക്കൽ നിന്നുള്ള പ്രതിഫലമായിരിക്കുമത് ലാഹുസുബ് ഹാനഹൂവത്ത ആലയുടെ പക്കലാണ് ഏറ്റവും ഉത്തമമായ പ്രതിഫലം